ടുക്കൽഭൂമിക്ക് തെക്കുള്ള ഹക്കില കുന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഷൗലെഴുന്നേറ്റ് ദാവീദിനെ തിരയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു ഇസ്രയേലിൽ നിന്ന് തെരഞ്ഞെടുത്തിരുന്ന മൂവായിരം പേരും അവനോടു കൂടെ ഉണ്ടായിരുന്നു ഷൌൽ മരുഭൂമിക്ക് തെക്കുള്ള ഹക്കില കുന്നിൽ പെരുവഴിക്കരികെ പാളയമിറങ്ങി ദാവീദോ മരുഭൂമിയിൽ പാർത്തു ഷൗൽ തന്നെ തേടി മരുഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു അതുകൊണ്ട് ദാവീദ് ചാരന്മാരെ അയച്ച് ഷൌൽ ഇന്നടത്ത് വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞു ദാവീദ് എഴുന്നേറ്റ് ഷൌൽ പാളയമിറങ്ങിയിരുന്ന സ്ഥലത്ത് ചെന്നു ും അവന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേരും കിടക്കുന്ന സ്ഥലം കണ്ടുകൊണ്ടു കൈനിലയുടെ നടുവിൽ കിടന്നുറങ്ങിയ പടജന അവന്റെ ചുറ്റും പാളയമിറങ്ങിയിരുന്നു ദാവീദ് ഹിത്യനായ അഹിമേലക്കിനോടും സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായിയോടു കൂടും പാളയത്തിൽ ഷൗലിന്റെ എന്നോടുകൂടെ പോരുമെന്ന് ചോദിച്ചു ഞാൻ നിന്നോടുകൂടെ പോരുമെന്ന് അബീശായി പറഞ്ഞു ഇങ്ങനെ ദാവീദും അബിഷായി രാത്രിയിൽ പടജനത്തിന്റെ അടുക്കൽ ചെന്നു ഷൌൽ കൈനിലയ്ക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു അവന്റെ കുന്തം അവന്റെ തലയ്ക്കൽ നിലത്ത് തറച്ചിരുന്നു അബ്നേരും പടജനവും അവനു ചുറ്റും കിടന്നിരുന്നു അബിഷായി ദാവിദിനോട് ദൈവം നിന്റെ ശത്രുവിനെ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒരു കുത്തായിട്ട് കുത്തട്ടെ രണ്ടാമത് കുത്തുകയില്ല എന്നു പറഞ്ഞു ദാവീദ് അബിഷായിയോട് അവനെ നശിപ്പിക്കരുത് യഹോവിയുടെ അഭിഷിക്ഷന്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകുമെന്ന് പറഞ്ഞു യഹോവയാണ് യഹോവ അവനെ സംഹരിക്കും അല്ലെങ്കിൽ അവൻ മരിപ്പാനുള്ള ദിവസം അല്ലെങ്കിൽ അവൻ പടക്കിചെന്ന് നശിക്കും ഞാൻ യഹോവയുടെ അഭിഷിക്ഷന്റെ മേൽ കൈവെപ്പാൻ യഹോവ സംഗതി വരുത്തരുതേ എങ്കിലും അവന്റെ തലക്കിലുള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊള്ളാം നമുക്ക് പോകാമെന്ന് ദാവീദ് പറഞ്ഞു ഇങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ശൌലന്റെ തലയ്ക്കൽ നിന്നെടുത്ത് അവർ പോവുകയും ചെയ്തു ആരും കണ്ടില്ല ആരും അറിഞ്ഞില്ല ആരും ഉണർന്നതുമില്ല അവർ എല്ലാവരും ഉറങ്ങുകയായിരുന്നു യഹോവയായ ഗാഠനിദ്ര അവരുടെ മേൽ വീണിരുന്നു ദാവീദ് അപ്പുറം കടന്നു ചെന്ന് ദൂരത്തേത്ത് ഒരു മലമുകളിൽ നിന്നു അവർക്കുമധ്യേ മതിയായ അകലമുണ്ടായിരുന്നു ദാവീദ് ജനത്തോടും നേരിന്റെ മകനായ അബ്നേരിനോടും അബ്നേര് നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു അതിനേർ രാജസന്നിധിയിൽ കൂകുന്ന നീ ആർ അങ്ങോട്ട് ചോദിച്ചു ദാവീദ് അബ്നേരിനോട് പറഞ്ഞത് നീ ഒരു പുരുഷനല്ലെയോ ഇസ്രയേലിൽ നിനക്ക് തുല്യൻ ആരുള്ളൂ അങ്ങനെയിരിക്കെ നിന്റെ യജമാനായ രാജാവിനെ നീ കാത്തുകൊള്ളാതിരുന്നത് എന്ത് നിന്റെ യജമാനായ രാജാവിനെ നശിപ്പിപ്പാൻ ജനത്തിൽ ഒരുത്തൻ അവിടെ വന്നിരുന്നുവല്ലോ നീ ചെയ്ത കാര്യം നന്നായില്ല യഹോവയുടെ അഭിഷിക്തനായ നിങ്ങളുടെ യജമാനനെ കാത്തുകൊള്ളാതിരിക്കെയാ യഹോവയാണേ നിങ്ങൾ മരണയോഗ്യർ ആകുന്നു രാജാവിന്റെ കുന്തവും അവന്റെ തലക്കിലിരുന്ന ജലപാത്രവും എവിടെയെന്ന് നോക്കുക അപ്പോൾ ദാവീദിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു എന്റെ മകനെ ദാവീദ് ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചതിന് ദാവീദ് എന്റെ ശബ്ദം തന്നെ യജമാനായ രാജാവേ എന്ന് പറഞ്ഞു യജമാനൻ ഇങ്ങനെ അടിയനെ തേടി നടക്കുന്നത് എന്തിനു അടിയൻ എന്തു ചെയ്തു അടിയന്റെ പക്കൽ എന്ത് ദോഷമുള്ളു ആകയാൽ യജമാനനായ രാജാവ് അടിയന്റെ വാക്ക് കേൾക്കണമേ തിരുമേനിയെ വിരോധമായി ഉദ്യോഗിപ്പിക്കുന്നത് യഹോവയാകുന്നു അവൻ ഒരു വഴിപാട് ഏറ്റ് പ്രസാദിക്കുമാറാകട്ടെ മനുഷ്യരെങ്കിലോ അവർ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടിരിക്കട്ടെ നീ പോയി അന്യ ദൈവങ്ങളെ സേവിക്കാ എന്ന് പറഞ്ഞ് യഹോവയുടെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകും വണ്ണം അവർ എന്നെ ഇന്ന് പുറത്ത് തള്ളിയിരിക്കുന്നു എന്റെ രക്തം യഹോവയുടെ മുമ്പാകെ നിലത്ത് വീഴരുതേ ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നതുപോലെ ഇസ്രയേൽ രാജാവ് ഒരു ഒറ്റച്ചെള്ളിനെ തിരഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു എന്നും അവൻ പറഞ്ഞു അതിന് ശൗൽ ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്റെ മകനെ ദാവിദ് മടങ്ങി വരിക എന്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയത് ഞാൻ ഇനി നിനക്ക് ദോഷം ചെയ്യയില്ല ഞാൻ പോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞു ദാവിദ് ഉത്തരം പറഞ്ഞത് രാജാവേ കുന്തം ഇതാ ബാല്യക്കാരിൽ ഒരുത്തൻ വന്ന് കൊണ്ടുപോകട്ടെ യഹോവ ഓരോരുത്തന് അവനവന്റെ നീതിക്കും വിശ്വസ്തയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ യഹോവ ഇന്ന് നിന്നെ എന്റെ കൈയിൽ ഏൽപ്പിച്ചു എങ്കിലും യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ എനിക്ക് മനസ്സായില്ല എന്നാൽ നിന്റെ ജീവൻ ഇന്നെനിക്ക് വിലയേറിയതായിരുന്നതുപോലെ എന്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ അവൻ എന്നെ സകല കഷ്ടതയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ദാവിദിനോട് എന്റെ മകനെ ദാവിദ് നീ അനുഗ്രഹിക്കപ്പെട്ടവനവൻ നീ കൃതാർത്ഥനാകും നീ ജയം പ്രാപിക്കും എന്നു പറഞ്ഞു പിന്നെ ദാവീദ് തന്റെ വഴിക്ക് പോയി ശൗലും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി